ൃ�ൃൃ ൃർ ൃൃൃൃൃ യുക്തിയാമര സമവഹാരം രസം തേകം ലഭന്തി തി സമ്പു സതി സമ്പമഹേതി േഹ വ്യക്ോ സിംഹോ വൃകോ വരാഹോ കീടോ പതംഗോ സ എമി ആത്മാമസി മാ ഭഗവാൻ സോമ്യംസ്മാത്മ സദ്രൂപതം സമ്പേ ോകോഹം സിംഹോഹമേവാസന സത്വിഷ്ടദ് പുനരാ സഘ്രോ വൃകോ വരാഹോ കീടോ വതംഗോ വംശോ मशको वा यदूर लोके तदव पुनरागते युगसहस्रकोट्य संसारिणो जन दुर्यापुरा भावना स नश्यतीरा सद्रूपता सत्संप्य ഇവിടെ നമ്മ പറഞ്ഞു എന്താണ് സതിസമ്പദ് സതിസമ്പദ് സതിസമ്പദ് അസത്തനോട് ഏകീഭവിച്ചിട്ട് സഹജമായി തൻ പറഞ്ഞു ജീവത്വത്തെ പൂർണമായും ഉപേക്ഷിച്ച് അജീവൻ തൻ അജീവത്വത്തെ പൂർണമായും ഉപേക്ഷിച്ചിട്ട് സതിസമ്പദ് ആ സത്യനോട് യകിഭവിച്ചിട്ട് ആ ഹന്യത്ര എന്നുമ്പ് പറഞ്ഞു ആ യകിൽഭവനം ഈ സൃഷ്ടിയിലല്ലാതെ ഒരിടത്ത് സംഭവിക്കുന്നുണ്ട് എന്നാൽ ജാഗ്രസ്വപ്നങ്ങളിലൊന്നും സംഭവിക്കുന്നു ജാഗ്രസ്വപ്നങ്ങളിലൊന്നും സംഭവിക്കാത്ത ആ വിശേഷത അത് സൃഷ്ടി സംഭവിക്കുന്നു പക്ഷേ സൃഷ്ടി സംഭവിച്ചാലും എന്താ സദ്രൂപതം അജ്ഞാത്വിക ഇവിടെ ജാഗ്രത ഉണർന്നിരിക്കുമ്പോ അതറിയാതെയാണ് സത്സമ്പദ്യുന്നത് അവിടെ ഏകീഭവിക്കുന്നു എന്നറിയുന്നില്ല ഏകീഭവിക്കുന്ന താൻ സത്ത് തന്നെ എന്നും അറിയുന്നില്ല എന്നും അറിയുന്നില്ല et <Sedru> Sa et yam ee സദ്രൂപതോകേർമ്മത്തിൽ കർമ്മത്തിനിത്തമായി ഏതൊരു ജാതി എന്ന് വെച്ചാൽ ഏതൊരു ശരീരത്തെ സ്വീകരിച്ചു ഓരോ ജീവനും കർമ്മമനുസരിച്ചാണ് ഓരോ ശരീരത്തെ സ്വീകരിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത് വ്യാഖ്രാദീനാദി ജാതി വ്യാഘ്രം പോലെയുള്ള വലിയ ശരീരങ്ങൾ അവസാനം ഇവിടെ പറയുന്നു ദംസ പോവുക മശക്കോവ ചെറിയ സൂക്ഷ്മജീവികൾ നമ്മളാണോ എന്നും മറ്റും പറയുന്നു എവിടെയെല്ലാം ജീവന്റെ സ്ഫുരണമുണ്ടോ അവിടെയെല്ലാം അതുകൊണ്ട് സർവത്ത് കെടുക്കാൻ വേണ്ടിയിട്ടാണ് കൂടെ ഒരുപാട് ഉദാഹരണം പറയുന്നത് സിംഹവർക്കരാഹോവ കീടോവ എവിടെ ജീവൻ്റെ തുടിക്കുണ്ടോ അതിന്റെ സ്ഫുരണമുണ്ടോ സർവത്ര വ്യാഖ്രാദീന വ്യാഘ്രോഹം സിംഹോഹം എന്നിങ്ങനെ മനുഷ്യൻ കരുതുന്നു ഞാൻ മനുഷ്യനാണ് അഹംബോധം അഹം സ്ഫുരണം അഹം സ്ഫുരണം ഇവിടെയെല്ലാം ചൈതന്യത്തിന്റെ സ്ഫുരണമുണ്ടോ അവിടെയെല്ലാം അഹംസ്ഫുരണമുണ്ടോ ഭാഷമാണ് വ്യാഘ്രം പറയൂ അഹം വ്യാഘ്രഹ പറയാനതിന് സംസ്കൃതം അറിയത്തില്ല അങ്ങനെ അതിന് പറയാൻ പറ്റത്തില്ല പക്ഷേ അതിനുമുണ്ട് ആ അസ്തിത്വബോധം ഉണ്മയുടെ ബോധം അത് അതിനാ അതിനുമുള്ളൂ അങ്ങനെ നമ്മുടെ ഭാഷയെ പറയുമ്പോൾ എന്ന് പറയും വ്യാഘ്രത്തിന്റെ ഭാഷയല്ല പറയുന്നു വ്യാഘ്രത്തിന്റെ ഭാഷ അതിനേ ഉള്ളു പക്ഷെ ബോധം ബോധസ്ഫുരണം അതവിടെയുണ്ടെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യാക്രമാഹമെന്ന് പറയുന്നൊന്നുമല്ല ഇപ്പോൾ സ്ഥാപനങ്ങളിൽ പോലും ചരങ്ങളായിരിക്കുന്ന ഈ പുരാണികളിൽ മാത്രമുണ്ട് സ്ഥാപനങ്ങളായിരിക്കുന്ന ഉച്ചലതാദികളെപ്പോലും അവിടെ ബോധമുണ്ട് അതിൻ്റെ സ്ഫുരണമുണ്ട് ഭാഷയ്ക്ക് മാത്രമേ മാറ്റവും അതിനേതായ ഭാഷയിൽ ആസ്തിത്വബോധമുണ്ട് അതതിനെ അറിയുന്നു അതിനെ മറ്റുള്ളവരിൽ നിന്ന് അതിനെ തിരിച്ചറിയുന്നു വ്യാക്രോഹം സ്മോഹം ഇത്യവും തത് കർമ്മജ്ഞാനവാസനാങ്കിതാഹസന്ത അതിന് മനുഷ്യനെ പോലെ ചിന്തിക്കാനൊന്നും കഴിയും പക്ഷെ ബോധസ്ഫുരണം അതിലുമുണ്ട് അങ്ങനെ തത്കർമ്മജ്ഞാനവാസനാങ്കിതാഹ ആ കർമ്മജ്ഞാനവാസനകളോടുകൂടി ഇവരായി പൂർവ്വ ജന്മങ്ങളിൽ സമ്പാദിച്ച അല്ലെങ്കിൽ പൂർവ ജാഗ്രതകളിൽ സമ്പാദിച്ച അങ്ങനെയും പറയും ജന്മമെന്നോ ജാഗ്രത എന്ന് പറഞ്ഞാൽ ഒന്നും മരണമെന്നോ സുഷൃത്തി എന്ന് പറഞ്ഞാലും വലിയ വ്യത്യാസം മരണത്തിന് മുമ്പുള്ളതിനെ നമ്മൾ ജന്മം എന്ന് പറയും സുഷൃത്തി മുമ്പുള്ളതിനോ കർമ്മജ്ഞാനവാസനകളോടുകൂടി ഇവിടെ ഭാഷകാരം പറയും ഇന്നലെ ചെയ്തു വെച്ച് പല കാര്യങ്ങളും ഉറങ്ങി ഉണർന്നു അത് വീണ്ടും തുടരുന്നു അതിന്റെ ബാക്കി അതാണ് കർമ്മജ്ഞാനവാസന അങ്കനെന്ന് പറയുന്നത് അതെല്ലാം അന്ധക്കരണത്തില് മുദ്രിതമായിരിക്കുകയാണ് സത്പ്രഭിഷ്ഠാവി ജീവൻ സത്തിൽ പ്രവേശിച്ചിട്ടും സത്തിൽ ഏകീകിച്ചിട്ടും ഇതെല്ലാം വിട്ടിട്ടാണ് പ്രവേശിച്ചത് ഈ കർമ്മജ്ഞാനവാസനകളെല്ലാം ഉപേക്ഷിച്ചിട്ട് എന്നെ പ്രവേശിച്ചത് പക്ഷെ അവിടെ ഒന്നിൻ്റെ കുറവുണ്ടായിരുന്നു അജ്ഞാത്വം ഇവ ആ ജ്ഞാനം ഉണ്ടായില്ല ജാഗ്രത അതുകൊണ്ട് തദ്ഭാവേന ഇവ പുനരാഭവന്തി ീഭവിച്ചാൽ ഉണർന്നു വരേണ്ട സത്തായിട്ടല്ലേ ആ സദാത്മീകത്വ ജ്ഞാനത്തോടുകൂടിയല്ലേ ഇപ്പോ അറിയുന്നുണ്ടല്ലോ വ്യാഗ്രത്തിൽ സദാത്മീകത്വം അറിയുന്നവർ സത്ത് തന്നെയാണോ താൻ ഇതാണ് സദാത്മീകത്വം മനുഷ്യകാരൻ സർവത്തിൽ പറയുന്നത് സദാത്മീകത്വമാണ് ജീവാത്മ പരമാത്മീകത്വം തന്നെയാണ് അങ്ങനെ ഈ സന്ദർഭത്തിൽ ഓരിടത്തും പറഞ്ഞിട്ടേ ഇല്ല മറിച്ച് സദാത്മീകത്വം ആവർത്തിക്കും ആത്മാന്ന് വെച്ചാൽ താൻ സദാത്മീകത്വം എന്ന് വെച്ചാൽ താൻ സത്വം തന്നെ ഇത്രയുള്ളു അല്ലെങ്കിൽ സത് താൻ തന്നെ രണ്ടു രീതിയിലും പറയാം കണ്ട രീതി പറഞ്ഞാലും താല്പര്യമൊന്നും തന്നെ ആ ഭാവം സദാത്മേകത്വഭാവം അത് ഗ്രഹിച്ചിട്ട് ജാഗ്രത പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്നാൽ തദ്ഭാവിലും ആ ഭാവത്തിൽ തന്നെ വരും മാറ്റം വരുന്നുണ്ട് എന്തുകൊണ്ട് ഇപ്പം മറ്റു ഭാവങ്ങളാണ് ഗ്രഹിച്ചിരിക്കുന്നത് ശരീരാത്മഭാവം സദാത്മഭാവം ഒഴികെയുള്ള എല്ലാം ഗ്രഹിച്ചിട്ടുണ്ട് പുരുഷഭാവം സ്ത്രീഭാവം ബാല്യഭാവം യൗവനഭാവം വാർദ്ധക്യഭാവം ഇങ്ങനെ ശരീര സംബന്ധിയായി പല ഭാവങ്ങളെയും ഗ്രഹിച്ചിരിക്കുന്നു മറിച്ചൊരു വാസനയില്ല മറിച്ചൊരു ജ്ഞാനവും ഇതുവരെ ഒരു ജാഗ്രതത്തിലും അത് സംഭവിച്ചിട്ടില്ല ഇങ്ങനെ സംഭവിക്കാത്തത് കൊണ്ട് ഇതുവരെ എന്ത് ഭാവങ്ങളാണോ നമ്മളിലുള്ളത് ആ ഭാവത്തോടുകൂടി ഉറങ്ങുന്നു ഉണരുമ്പോൾ ആ ഭാവത്തോടുകൂടി വരുന്നു ഇത് നമ്മുടെ അനുഭവസിദ്ധമായ കാര്യമാണ് എന്ത് ഭാവത്തോടുകൂടി ഉറങ്ങുന്നു ആ ഭാവത്തോടു കൂടി ഉണരുന്നു ഇത് അനുഭവസിദ്ധമാണെങ്കിൽ ഈ ഭാവത്തിൻ്റെ ഒരു മാറ്റം വന്നാൽ തൻ സദാത്മാ എന്നുള്ളൊരു ബോധമുണ്ടായാൽ ഉണർന്നു വരുമ്പോൾ അത് മറക്കാൻ വഴിയില്ല അതായിട്ടാണ് പോകുന്നതെങ്കിൽ ഉണർന്നുവരുന്നതും അതായിട്ട് ആ ഭാവത്തോടുകൂടി പോവുകയാണെങ്കിൽ എന്ന് പറയുമ്പോൾ വേറെ തെരുദ്ധരിക്കത് ഉറക്കുന്നതിന് നമുക്ക് സാധാരണ പറയുന്ന അത്തരം കാര്യങ്ങളൊന്നുമല്ല ഇവിടെ പറയുന്നു ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്താണോ വിചാരിക്കുന്നത് ഉണരുമ്പോഴും ആ വിചാരത്തോടുകൂടി തന്നെ ഉണരും എന്നൊക്കെ സാധാരണ പറയാറുണ്ട് അതൊക്കെ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാന്നുള്ള അതല്ലാതെ ഒന്നും സർവസാമാന്യമായ കാര്യമില്ല എന്തിനെങ്കിലും വളരെ ഭയന്നിട്ട് ഉറങ്ങിയാൽ ഉണരുമ്പോ ചിലപ്പോൾ വീണ്ടും അനുസ്മരിച്ചെന്ന് പറയാം വളരെ ദുഃഖത്തോടു കൂടി ഉറങ്ങിയാലും ഉണരുമ്പ വീണ്ടും ആ ദുഃഖത്തെ സ്മരിച്ചെന്ന് പറയാ സാധാരണയുള്ള സാമാന്യമായ ഞാൻ ഞാൻ മനുഷ്യനാണ് പുരുഷനാണ് സ്ത്രീയാണ് ഇങ്ങനെയൊക്കെയുള്ള ഞാൻ ഈ ജ്ഞാനം ഓർത്തുകൊണ്ടുറങ്ങേണ്ട കാര്യമില്ല ഉണരുമ്പ സ്മരിക്കുന്നതിന് ആരും ഇതൊന്നും ഓർത്തിട്ടല്ല ഉറങ്ങുന്നു ഉറങ്ങാൻ സമയത്ത് ആരെങ്കിലും ഇത് ഓർക്കാറുണ്ട് ഇല്ല പിന്നെ എന്താ സംഭവിക്കുന്ന ഇടയ്ക്ക് സുശക്തിയിൽ ഇത്തരം ജ്ഞാനങ്ങളൊന്നുമില്ല ഉണരുമ്പോൾ ആ ജ്ഞാനം അനുവർത്തിക്കുന്നു എന്താണോ മുമ്പ് സഹജമായിരുന്നത് അതനോടുത്തിക്കുന്നു അതിനറിയണമെന്നില്ലതാ അതാണ് അതിന് സഹജമെന്ന് പറഞ്ഞത് സഹജം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അതിനറിയേണ്ട കാര്യമുണ്ട് ഉറങ്ങുന്നതിന് പുരുഷനായി ഉറങ്ങി ഉറന്നപ്പോ പുരുഷനായി തന്നെ കൊണ്ടുവരുന്നു ഇതാ ഉറന്നിട്ടോടും പറയുന്ന ഞാൻ പുരുഷൻ ഉണർന്നിരിക്കുന്നു അങ്ങനെ പറയാറില്ല ഞാനിതാ സ്ത്രീ ഉണർന്നിരിക്കുന്നു അങ്ങനെയൊന്നും ആരും പറയാറില്ല പക്ഷെ അതാണ് പറയേണ്ട കാര്യമില്ല ഓർക്കേണ്ട കാര്യമില്ല സഹജമായ ഒരു കാര്യത്തെ നമ്മൾ ഓർത്തുവയ്ക്കേണ്ട കാര്യമില്ല ഏതെങ്കിലും ഒരു കാര്യത്തെ ഓർക്കേണ്ടി വന്നാൽ അത് സഹജമല്ല ഏതെങ്കിലും ഒരു കാര്യത്തെ നമ്മൾ ബലമായിട്ട് ഓർക്കാൻ ശ്രമിച്ചാൽ അത് മറന്നു പോകും എന്തുകൊണ്ട് ഓർമ്മയെന്ന് എല്ലാ വൃത്തികളും ക്ഷീണിക്കും നശിക്കും ഇതൊരു പരിണാമമാണ് മനസ്സിൻ്റെ ഒരവസ്ഥയാണ് ഭാവവികാരങ്ങൾക്കെല്ലാം ആറവസ്ഥകൾ പറയുന്നുണ്ടല്ലോ അത് മനസ്സിന് സംഭവിക്കും നമ്മൾ ബലം പ്രയോഗിച്ചൊരു ബോധത്തെ മനസ്സിൽ നിർത്താൻ ശ്രമിച്ചാൽ അത് എത്ര വലിയ ബോധമായാലും നീക്കത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ജ്ഞാനത്തിൽ സന്തോഷിക്കുകയും അജ്ഞാനത്തിൽ സങ്കടപ്പെടുകയും ചെയ്യുന്നത് ണ്ടായി മറന്നുപോയി പുരുഷനാണ് എപ്പോഴെങ്കിലും നമ്മൾ വേവലാതിപ്പെടാറുണ്ടോ എപ്പോഴെങ്കിലും സങ്കടപ്പെടാറുണ്ടോ എന്താണോ ഓ ഞാൻ പുരുഷനാണെന്നുള്ള കാര്യം മറന്നുപോയി അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും സങ്കടപ്പെടാറുണ്ടോ ഞാൻ സ്ത്രീയാണെന്നുള്ള കാര്യം മറന്നുപോയി ശരി എന്ന് വിചാരിച്ച ആരെങ്കിലും സ്ത്രീയാണെന്ന് ഓർക്കാറുണ്ടോ പുരുഷനാണെന്ന് ഓർക്കാറുണ്ടോ ഇല്ലല്ലോ അതാണ് ജ്ഞാനത്തിൻ്റെ സഹജമായ അവസ്ഥയെന്ന് പറയും അതവിടെയുണ്ട് അത് നമ്മൾ തെരഞ്ഞു അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല അത് വിടുന്നില്ല ഒരു മരണം വരെ ഒരാളെ വിടുന്നു പൺ പുരുഷനാണെന്നുള്ള കാര്യം അത് ഓർമ്മിക്കേണ്ട കാര്യമില്ല മറക്കേണ്ട കാര്യമില്ല അതെവിടെയുണ്ട് അതെവിടെ ഉണ്ടെന്ന് അറിയാം അതിന്റെ ആധാരത്തിലാണ് തന്റെ സർവ്വ വ്യവഹാരങ്ങളും നടക്കുന്നത് തന്റെ സർവചിന്തകളും പ്രവൃത്തികളും എല്ലാം സ്വാധീനിക്കുന്നത് ആ പുരുഷഭാവത്ത് തമസനം ധരിക്കുന്നതിനനുസരിച്ചാണ് ഭക്ഷണം കഴിക്കുന്നതനുസരിച്ചാണ് ഉണ്ണുന്നതും ഉറങ്ങുന്നതും സർവവും അതിനോ പ്രത്യേകിച്ച് ഓർക്കേണ്ട ആവശ്യമില്ലാതെ അതിനെ പ്രത്യേകിച്ച് വിസ്മരിക്കേണ്ട ആവശ്യമില്ലാതെ ആ ഒരു ബോധത്തെ ആശ്രയിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഉറങ്ങിപ്പോയത് തരത്തിലായിരുന്നു ഉണർന്നപ്പോഴും ആ തരത്തിൽ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല മനുഷ്യൻ ഇത്തരം ഭാവങ്ങൾ ജാഗ്രതത്തിലും സൃഷ്ടിക്ക് ശേഷം വരുന്ന ജാഗ്രതത്തിലും ഒരുപോലെ അനുവർത്തിക്കുന്നു എന്തുകൊണ്ടത് സഹജമായി പോയതുകൊണ്ട് പക്ഷെ അവിടെ മറിച്ച് സത്താണെന്നുള്ള ഞാൻ മാത്രമില്ല ആ ഞാനുണ്ടാവുന്നില്ല സൈവ സൗമ്യ സത്വം അസൈ സത്താണിനി അങ്ങനെ ഒരു ബോധം ഉണ്ടാകാൻ അവസരം ഉണ്ടായില്ല സഹജമായ ഒന്ന് ഇങ്ങനെ അനുവർത്തിക്കാമെങ്കിൽ പുരുഷൻ സ്ത്രീ തുടങ്ങിയ കാര്യങ്ങൾ സത്വമെന്നുള്ള ജ്ഞാനത്തോടുകൂടിയാണ് ഒരാൾ ഉറങ്ങുന്നതെങ്കിൽ ആ സത്വമുള്ള ജ്ഞാനവും അനുഗ്രഹത്തി എന്താ പറയുന്നു അതിന് അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഇവിടെ ഉദാഹരണം പറയുന്നത് എന്താണ് വൃഗവും കീടവും പതങ്കവും എല്ലാം ഒരു ബോധത്തോടുകൂടി പോകുന്നു അതേ ഭൂരഥത്തോടു കൂടി ഉണരുന്നു അല്ലാതെ ആവുന്നില്ലല്ലോ പതങ്കം പതങ്കമായിട്ട് തന്നെ ഉണരുന്നു എന്താ പതങ്കം ഉണർന്നു വരുമ്പോ അതിന്റെ ചേഷ്ഠകള് മറ്റേതെങ്കിലും പ്രാണിയുടേതാവുകയില്ല മശകം കൊതുക് ഉണർന്നു വന്നു കഴിഞ്ഞാൽ അത് കുടിക്കാൻ മറക്കുകയില്ല അതിന്റെ ചേഷ്ഠകൾക്കൊന്നും മാറ്റം വരുന്നില്ല അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ട് അതിന്റെ ബോധത്തിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ഒരു വിദ്യ അതും മറന്നുപോകുന്നു നമ്മളെങ്ങനെയാണോ ഈ വിദ്യ മറക്കാതിരിക്കുന്നത് പുരുഷവിദ്യ സ്ത്രീവിദ്യ എന്നുവെച്ചാൽ പുരുഷവിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ് പുരുഷജ്ഞാനം സ്ത്രീവിദ്യ എന്ന് പറഞ്ഞാൽ സ്ത്രീജ്ഞാൻ അതുപോലെയാണ് ഈ പറയുന്നത് ആത്മവിദ്യ എന്ന് പറയുന്നത് സ്വജ്ഞാനം അത് ബോധിച്ചാൽ അത് ബോധ്യപ്പെട്ടുകഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ മറക്കാൻ പറ്റും അത് മറക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് അത് ഇതിനെ കളക്ക സഹജമായ ഒരു കാര്യമാണ് അത് സ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനമാണ് ഇതിനൊക്കെ മാറ്റം എന്തുകൊണ്ട് ബാക്കി ജ്ഞാനങ്ങളെല്ലാം ഈ ശരീരത്തെ ആശ്രയിച്ചിട്ടാണ് മുഖ്യമായ ശരീരത്തെ ആശ്രയിച്ചിട്ടു തം പുരുഷനം നിന്നുകൊണ്ട് പറയുന്നു ഈ ശരീരത്തെ ആശ്രയിച്ചു പുരുഷന്റേതായ ശരീരം ലഭിച്ചു സ്ത്രീ നിന്നുകൊണ്ട് പറയുന്നു സ്ത്രീയുടെ ശരീരം ലഭിച്ചു മുഖ്യമായിട്ട് അതിനനുസരിച്ച് ചിന്തകൾ വരുന്നു സുഹൃത്തിയിലാ ചിന്തകളെ വിടുന്നു പക്ഷെ ഉണരുമ്പോൾ അതിനനുസരിച്ചുള്ള ചിന്തകൾ വരുന്നു അതിന്റെ സ്ഥാനത്ത് സത് ഈ ശരീര ബന്ധമില്ലാത്ത സജ്ഞാനം എന്ന് അത് മറ്റൊന്നിനെ ആശ്രയിക്കുന്നു സ്ത്രീ പുരുഷൻ ശരീരത്തെ ആശ്രയിക്കുന്നു മനസ്സിന്റെ വികാരങ്ങളെ ആശ്രയിക്കുന്നു സജ്ഞാനം ഞാൻ ഒന്നിനെ തന്റെ സ്വരൂപത്തെ ആശ്രയിക്കുന്നു ശരീരം മനസ്സ് ഇതിനെല്ലാം നിരപേക്ഷമായിരിക്കുന്ന തന്റെ സ്വരൂപത്തെ ആശ്രയിക്കുന്നു അല്ലെങ്കിൽ ഇതല്ലെല്ലാം അനുസൃതമായിരിക്കുന്ന സത്സ്വരൂപത്തെ ആശ്രയിക്കുന്നു രണ്ടു തരത്തിലും പറയാം ഇവിടെ രണ്ടിനെ അംഗീകരിക്കുന്നു അങ്ങനെ ആ സജ്ഞാനത്തോടുകൂടി തൽസത്താണെന്നുള്ള ജ്ഞാനത്തോടുകൂടി ഒരാൾ ഉറങ്ങിയ ഉണർന്നുകഴിഞ്ഞാലും അത് തന്നെയാണ് അയാൾ നിൽക്കുന്നത് എങ്ങനെയാണോ സ്ത്രീ പുരുഷ ജ്ഞാനത്തെ നമുക്ക് സ്മരിക്കാനും മറക്കാനും ആവശ്യമില്ലാതെ വരുന്നു അതുപോലെ തന്നെ ഈ ജ്ഞാനം അത് കുറച്ചുകൂടി വ്യക്തമാണ് എന്തുകൊണ്ട് മറ്റത് ശരീരത്തെ അനുസരിച്ച് പല ജ്ഞാനം വരും ബാല്യത്തിൽ ബാല്യഭാവമുണ്ട് യൗവനത്തിൽ അത് നശിക്കുക എന്താ യൗവനത്തിൽ ബാല്യഭാവത്തിൽ ഉറങ്ങാനും ഉണരാനും കഴിയുന്നില്ല ശിശുഭാവത്തിൽ കഴിയുന്നില്ല വാർധകൃത്തിൽ അയോവന ഭാവത്തിൽ ഉറങ്ങാനും ഉണരാനും കഴിയുന്നില്ല ഇതെല്ലാം മാറിക്കോ എന്തുകൊണ്ട് ശരീരം ആശ്രയിച്ചാൽ ഇപ്പോൾ പുരുഷ ശരീരത്തിലിരിക്കുന്ന അവിടെ തന്നെ സ്ത്രീ ശരീരമാകാം ഈ ഭാവത്തിൽ ഉറങ്ങാനും ഉണരാനും കഴിയില്ല പക്ഷെ സദ്ഭാവം അങ്ങനെയല്ല അതിന് ഓരോ അവസ്ഥയിലും മാറ്റമില്ല ശരീരത്തെ ആശ്രയിക്കുന്നില്ല വികാരങ്ങളെ ആശ്രയിക്കുന്നില്ല സാണോ എന്നുള്ളൊരു ബോധം ഒരാൾക്ക് വന്നു അത് സഹജമായാലെന്നർത്ഥം അത് സഹജമാകുന്ന എങ്ങനെയോ കാരണം സഹജമാണ് അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ആ ബോധം സഹജമായിരിക്കും പുരുഷത്വം സഹജമാണ് അതുകൊണ്ട് പുരുഷത്വത്തെക്കുറിച്ചുള്ള ബോധവും സഹജമാണ് പുരുഷത്വം ആരെങ്കിലും അല്ല സ്ത്രീത്വം പ്രത്യേകിച്ച് ആരെങ്കിലും അല്ല അത് സഹജമാണ് ഇവിടെ അതിനെയൊക്കെ നിഷേധിക്കുന്നു എന്നിട്ട് പറയുന്നു തത്വം അതാണ് സഹജമായിരിക്കുന്നത് അതാണ് പരമാർത്ഥമായിരിക്കുന്നത് ആ ജ്ഞാനം ഉണ്ടായി സൃഷ്ടിയിലേക്ക് പോയി തിരിച്ചു വന്നാൽ മറ്റ് സഹജമായ ജ്ഞാനങ്ങളെപ്പോലല്ല വ്യാഘരത്തെ പോലെ സിംഹത്തെപ്പോലെ വർഗത്തെപ്പോലെയോ മനുഷ്യൻ മാത്രം പ്രത്യേകിച്ചെടുത്ത് പറയുന്നു എന്തുകൊണ്ടാണ് ഈ ഉദാഹരണങ്ങളെല്ലാം കൊടുക്കുന്നത് ഇത് അത്യന്തം സ്വാഭാവികവും സഹജവുമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അത് വിടേണ്ട ആവശ്യം വരുന്നില്ല അതിനെ സ്മരിക്കേണ്ട കാര്യം വരുന്നില്ല സത്പ്രവിഷ്ടാഹ സത്തിലേക്ക് പ്രവേശിച്ചിട്ട് പക്ഷെ അത് ഈ ജാഗ്രത ബോധമുണ്ടാവണം സത്താണോ തദ്ഭാവേ ദൈവ മറിച്ചാണെങ്കിൽ പുരുഷനായിട്ടാണെങ്കിൽ പുരുഷഭാവത്തിൽ വരും സിംഹമായിട്ടാണെങ്കിൽ സിംഹഭാവത്തിൽ വരും അതിൻ്റെ ചേഷ്ടകൾ കാണുമ്പോൾ നമുക്കറിയാം സിംഹം പക്ഷിയാവുന്നില്ല പക്ഷി സിംഹമാകുന്നില്ല തദ്ഭാവീന ആ ഭാവത്തിനു മറിച്ചാണെങ്കിലോ സദ്ഭാവീനയ വീണ്ടും സദാ അഗത്യ വീണ്ടും അതിനനുസരിച്ചുള്ള ആ ചേഷ്ടകൾ കാണിക്കുന്നു ആ രീതി ചിന്തിക്കുന്നു വ്യാഖ്രൂവ സിംഹുവ വരാഹോവ കീടോവ പതങ്കോവ ദംസോവ മസകോവ അങ്ങനെ എത്ര വേണമെന്ന് പറയാം ഓരോന്നിനും അതിൻ്റെതായ വൈചിത്രിങ്ങളുണ്ട് സഹജമായ വൈചിത്തര്യങ്ങൾ അതിനനുസരിച്ചുള്ള വികാരങ്ങൾ കാണുന്നുണ്ടല്ലോ മൃഗങ്ങളിലും പക്ഷികളിലും ഒക്കെ വികാരങ്ങളുടെ ചേഷ്ടകൾ നമ്മൾ അന്നപാനാദികൾക്കുള്ള അവയുടെ ചിന്തയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അതേ രീതിയിൽ തന്നെ യദ്യത്പൂർവമിഹലോമി ഭവതി സൃഷ്ടിക്കും മുമ്പ് അതാത് ശരീരത്തിൽ എങ്ങനെയൊക്കെ ആയിരുന്നോ ബബുഹു അത് തന്നെ ആയിത്തീരുന്നു മാറ്റമൊന്നും സംഭവിച്ചില്ല തദൈവ പുനരാഗത്തി ഭൗന്തി അത് തന്നെ ആയിത്തീരുന്നു യുഗസഹസ്രകുട്ട്യന്തരിത കാലത്തിന് സംഖ്യ കൊണ്ട് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റില്ല ഈ അനന്തമായ കാലങ്ങളിൽ അതാണ് യുഗസഹസ്ര കോടി എന്ന് പറഞ്ഞിരിക്കുന്നത് യുഗത്തിന്റെ സഹസ്ര കോടികൾ അതുതന്നെ സംഭവിക്കുന്നു ആ ഭാവത്തിലാണ് ഒരു ശരീരം ലഭിക്കുന്നു കർമ്മജ്ഞാനങ്ങളനുസരിച്ച് ആ ശരീരത്തിനനുസരിച്ചുള്ള ബോധം വരുന്നു ീ പ്രക്രിയ നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് ഭാഷകാലം പറഞ്ഞു യുദ്ധ സദസ്സരെ കൂടി അന്തരിതവാ അനേക ജന്മങ്ങൾ അപ്പോ ഇതിന്റെ ആ കാലദൈർഘ്യത്തെ കാണിക്കുന്നു ഈ അനേക ജന്മങ്ങളുടെ ആദി ഇല്ലാത്തതുകൊണ്ട് എത്രയെന്ന് പറയാൻ പറ്റില്ല ഒരു ജന്മത്തിൽ തന്നെ എത്ര ജാഗ്രതകളാണ് അതിന് എണ്ണം ഉണ്ടാവും അത് ഇതുപോലെയാണ് അങ്ങനെ കണക്കാക്കരുത് രാത്രി സൃഷ്ടിയും പകല് ജാഗ്രതവും അത് വാസ്തവ ഒരു പകല് തന്നെ എത്രയോ ജാഗ്രത സുഹൃത്തിയും മാറി മാറി വരുന്നു എത്രയോ സംഭവം ഇറങ്ങുന്നു തന്നെ എത്രയോ തവണ അല്ലെങ്കിൽ സ്വപ്നത്തിലേക്ക് പോകുന്നു വീണ്ടും സൃഷ്ടിയിലേക്ക് അപ്പോൾ ജന്മങ്ങൾ അനന്തമായിരിക്കുന്ന പോലെ ജാഗ്രത സ്വപ്നസൃക്തികളും അനന്തമായിരിക്കുന്നു അതൊരു ജന്മത്തിൽ തന്നെ അനന്തമാകും സംസാരണോ ജന്തോഹോ അങ്ങനെയുള്ള ഈ ജീവികൾ സംസാരികൾ എന്ന് പറയുമ്പോൾ ജനന മരങ്ങളിൽ അല്ലെങ്കിൽ ജാഗ്രത സ്വപ്നങ്ങളിൽ മാറി മാറി സഞ്ചരിക്കുന്ന ജീവൻ പുരാഭാവിതാവാസന ുമ്പ് ദൃഢമായ ആവാസന ജ്ഞാനം നശിതി അതിന് നാശം സംഭവിക്കുന്നില്ല ഏതൊരു വസ്തുവിനും നമ്മൾ കാണുന്ന കാര്യം ഇതാണ് ആ വസ്തുവിന്റെ സഹജമായതെന്തോ അത് നശിക്കുന്നില്ല വസ്തു വളടത്തോളം അതുണ്ടാവും എന്നുള്ളത് സ്വരൂപമാണ് സഹജമായതിന്റെ നാശത്തെയാണ് സ്വരൂപനാശം അഗ്നിയുടെ സ്വരൂപം ഉഷ്ണമായതുകൊണ്ട് ശിക്കുന്നില്ല അഗ്നിക്ക് കൃഷ്ണൻ നശിക്കുക സംഭവിക്കുന്നില്ല അതുപോലെ ഇതെല്ലാം സഹജമായി പോയി അനേക ജന്മങ്ങളിൽ അനേക ജാഗ്രതകളിൽ ഈ ഭാവനകൾ സഹജമായി അതുകൊണ്ട് നശിക്കുന്നില്ല അത് സംഭവിക്കും സദ്ഭാവന സത്താണെന്നുള്ള ബോധം ആ ബോധം വന്നുകഴിഞ്ഞാൽ അതും നശിക്കത്തില്ല നശിക്കുന്നില്ല അത് സുഷൃത്തിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുമ്പോഴാണ് സുഷത്തിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുമ്പോൾ ചിലട് ഞാൻ പെട്ടെന്ന് ഞെട്ടിയോണു ചിലരങ്ങനെയല്ല അലസ്യമായിട്ടുണ്ടരുന്നു ജാഗ്രതയിലേക്ക് വരുന്നു വീണ്ടും സുഹൃത്തിയിലേക്ക് വരുന്നു ജാഗ്രത്തിലേക്ക് വരുന്നു എന്തായാലും സുഹൃത്തി വിട്ട് ആ ജീവൻ പ്രകാശത്തിലേക്ക് വരുന്നു എങ്ങനെ വന്നുകഴിഞ്ഞാൽ ശരി അതിന് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല ഒരാൾക്കും കഴിയില്ല അതാ ഈ നിമിഷം ഞാൻ സുഹൃത്തിൽ നിന്നും മോചിതനായി ഒരു നിമിഷത്തെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റത്തില്ല വന്നു എന്നുള്ളത് പരമാർത്ഥമാണ് പക്ഷേ ആ വരവിനെ തിരിച്ചറിയാൻ ആർക്കും കഴിയില്ല എത്ര സമർത്ഥനായാലും കഴിയില്ല അങ്ങനെ സംഭവിക്കുന്നു അതുപോലെ സത്ബോധം സദാത്മീകത്വബോധം അത് സംഭവിക്കുന്നു സംഭവിച്ചിട്ട് പിന്നെ തിരിച്ചറിയേണ്ട ആവശ്യം വരുന്നത് അത് അസാധ്യവുമാണ് അതുപോലെയാണ് ഇവിടെ പറയുന്ന സജ്ഞാനവും ഭൗതികമായ ഭാവങ്ങൾ ലൗകികമായ ഭാവങ്ങൾ സഹജമായ ഭാവങ്ങൾ അത് വന്നുചേരുന്നതും കടന്നുപോകുന്നു അറിയത്തില്ല നമുക്കറിയാൻ പറ്റത്തില്ല സഹജമാവുന്നു അത്രമാത്രം എങ്കിലും പറയാൻ ഇന്ന നിമിഷത്തിൽ ഞാൻ ബാല്യത്തെ വിട്ടു ഇന്ന നിമിഷത്തിൽ ഞാൻ യൗവനത്തെ സ്വീകരിച്ചു ഈ നിമിഷം ഞാൻ യൗവനത്തെ വിട്ടിരിക്കുന്നു ഈ നിമിഷം മുതൽ വൃദ്ധനായിരിക്കുന്നു ചിലപ്പോൾ ആലങ്കാരികമായിട്ട് ചിലരൊക്കെ പറയും പരമാർത്ഥത്തിൽ അതിനങ്ങനെ ബോധിക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് ഒരു ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഇതോരോന്ന് സഹജമാണ് ഇതെങ്ങനെയോ കടന്നു വരുന്നു എങ്ങനെയോ കടന്നു പോകുന്നു ശരീര മനസ്സുകളെ ആശ്രയിച്ച് കുറച്ചു കാലം സഹജമായി നിൽക്കും പിന്നെ ഇത് വിട്ടുപോകും അതുപോലെ ഇവിടെ പറയുന്നത് സദാത്മികത്വ ബോധവും ബോധത്തെ തിരിച്ചറിയും ബോധത്തിന് ആവശ്യം വരുന്നുണ്ട് കാരണം അത് സ്വയം തിരിച്ചറിവാണ് അതിന് പിന്നെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും അതാണ് ഇവിടെ ഭാഷകാലം പറയുന്നത് എന്താണ് ആ സത്ബോധം സദാത്മീയത്വ ബോധം പിതാവ് തന്നെ ഉപദേശിച്ചു കൊടുക്കുന്നതാണോ ഇനി സത്താണോ ബോധത്ത് പ്രാപിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ മറ്റുള്ളത് സഹജമാകുന്നത് അതുപോലെ ഇത് സഹജമായിക്കോളും അതേത് നിമിഷമാണോ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്താനും നോക്കത്തില്ല സഹജമായി സംഭവിക്കുന്നത് തന്നെ പറയാൻ പറ്റത്തില്ല പുരുഷനോട് ചോദിക്കാൻ നീ എന്നുമുതൽ പുരുഷനായി ഉത്തരം പറയാൻ കഴിയില്ല സ്വാഭാവികമായി തീരുന്നു ആ ഞാനും അതുപോലെ നീ എന്നുമോ മനുഷ്യനായി സിംഹത്തോട് ചോദിക്കാൻ നീ ഒന്നുമോലെ സിംഹമായി ഉത്തരമില്ല എന്തുകൊണ്ട് യഥാപ്രതി എങ്ങനെയാണോ പ്രജ്ഞ അതിനനുസരിച്ച് ജന്മം എന്താ പറയുന്നത് ഇവിടെ പ്രജ്ഞ എന്ന് പറയുമ്പോൾ അവന്റെ കർമ്മം അവന്റെ ജ്ഞാനം അവന്റെ വാസനകൾ ഇതെല്ലാം ചേർന്ന ബോധം അതനുസരിച്ചിട്ടാണ് ജന്മം ജാഗ്രതയിലേക്ക് വന്നപ്പോ യഥാപ്രജ്ഞം സ്വാമിയായിട്ട് ഉറങ്ങിയ ഉണരുമ്പോ സ്വാമിയായി വരുന്നു സഹജമായിട്ട് ഇന്ന പേരോടുകൂടി ഉറങ്ങി ഉണരുമ്പോ അതോ പേരോടു കൂടി ഉണ്ടോ പേര് മാറുന്നില്ലല്ലോ അതിനുള്ള താതമ്യം സഹജമായി സഹജമാവണം അപ്പോ ഒരാൾ സന്യാസി സ്വീകരിച്ച് പേര് മാറ്റി പുതിയ പേരായി ഉറങ്ങി ഉണർന്ന് ഉണർന്ന് പഴയ പേരിലായിരിക്കും പക്ഷെ അത് സഹജമായാൽ ആ പേര് അയാളുടെ മനസ്സിനോടും വാക്കിനോടും കർമ്മത്തോടുമെല്ലാം താതാന്മ്യം പ്രവഹിച്ചാൽ പിന്നെ ഓണരുമ്പോഴും അതിന് മാറ്റം വരുന്നില്ല ആ പേരിൽ തന്നെയാണ് ഉണരുന്നത് മറ്റൊരു പേരായ്ക്ക് അതിനെ സ്വീകരിക്കാൻ കഴിയുന്നില്ല താതമ്യപ്പെടാൻ കഴിയുന്നില്ല അവിടെയെല്ലാം കാണിക്കുന്ന താതാത്മ്യത്തെയാണ് അതനുസരിച്ചാണ് ജന്മം എന്ന് പറഞ്ഞാൽ ജാഗ്രതനെയുള്ളത് യഥാപ്രജ്ഞ സുഷൃത്തിക്ക് മുമ്പ് ഏതെല്ലാം ഭാവത്തിലായിരുന്നു സുഹൃത്തി കഴിഞ്ഞ് ജാഗ്രത്തിലേക്ക് വരുമ്പോൾ അതേ ഭാവത്തിൽ തന്നെ വരുന്നു വിധിശത്യേന്ദ്ര താപ്രജ യസ്മിൻ പ്രവിശ്യ പുനരാവിർഭവന്തി അവരെല്ലാം ചെയ്യുന്നു ഇതിലേക്ക് പ്രവേശിച്ച് വീണ്ടും ആവിർഭവിക്കുന്നു പോയതുപോലെ തിരിച്ചു വരുന്നു സദ്ബോധത്തോടു കൂടി പോയാൽ അതേ ബോധത്തിൽ തന്നെ തിരിച്ചു വരുന്നു വ്യത്യാസമുണ്ട് മറ്റു ബോധങ്ങളെല്ലാം ശരീരം മനസ്സുകളെ ആശ്രയിച്ചുള്ള ബോധമാണ് ഇതങ്ങനെയല്ല കേവലം സത്തിനെ ആശ്രയിച്ചുള്ള ബോധം സത്തിനെ ആശ്രയിച്ചുള്ള ബോധത്തിൽ വന്നാൽ അത് വ്യത്യാസം ശരീരാദികളെ ആശ്രയിച്ചുള്ള ആ ബോധം ആ ബോധത്തിൽ ഉറങ്ങി ഉണർന്നു വരുമ്പോൾ വീണ്ടും ശരീരാദികളെ ആശ്രയിച്ചുള്ള ആ നാനാത്വബോധത്തിൽ അതിൽ തന്നെ നീക്കുന്നു ആ നാനാത്വബോധമാണ് ജന എന്ന മരണാവധി ഭാവനകളല്ല ആ ഭാവനയിൽ തന്നെ നീക്കുന്നു മറിച്ച് സദ്ബോധത്തിലാണെങ്കിലോ ഉണർന്നു വന്നു കഴിഞ്ഞാൽ ആ നാനാത്ത ബോധത്തിലല്ല ജനന മരണാതി ഭാവനകളില്ല കേവല സദ്ബോധം കേവല സന്മാത്രം ആണ് രണ്ടും നമ്മളുടെ വ്യത്യാസം ഇങ്ങനെയാണ് വേറെ തരത്തിൽ പറയുന്നത് അവിടെ അധ്യാസം നശിക്കുന്നു മിഥ്യാജ്ഞാനം നശിക്കുന്നു അജ്ഞാനം നശിക്കുന്നു എന്നെല്ലാം പറയുന്ന ഈ കാര്യം തന്നെയാണ് സഹജമായാൽ അത് പോകുന്നില്ല എന്നാലും പറയാൻ ഉദ്ദേശിക്കുന്നു അതിന്റെ സദ്ബോധം വന്നുകഴിഞ്ഞാൽ ഉണരുമ്പോഴും സദ്ബോധത്തോടുകൂടി തന്നെ ഉണരുന്നു അന്യേ സത്യ ആത്മാഭിസന്ധ അണുഭാവം അണുഭാവം സദാത്മാനം പ്രവശ്യ നാവർത്തന്ത ഇനി ആ സദ്ഭാവത്തെ പ്രാപിച്ചാലോ ആവർത്തന്ദേവർത്തനമില്ല തിരിച്ചുവരവില്ല അവൻ ജാഗ്രതത്തിലേക്ക് വരുന്നില്ല എന്നാണ് അവൻ ജാഗ്രതെന്നല്ല പോയത് അതുകൊണ്ട് ജാഗ്രതത്തിലേക്ക് വരുന്നുണ്ട് അതെന്താ വ്യത്യാസം ജാഗ്രതയിൽ നിന്ന് സൃഷ്ടത്തിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഈ ശരീരഭാവം ഈ ശരീരഭാവത്തോടുകൂടി ചേർന്ന് വരുന്ന മറ്റ് വൈകാരിക ഭാവങ്ങളെല്ലാം കൊണ്ടാക്കുന്നു അതാണ് നമ്മളീ ജാഗ്ര സദ്ഭാവമുള്ള ജാഗ്രത അല്ല അതുകൊണ്ട് ഇവിടെ പോകുമ്പോൾ ഈ ജാഗ്രത നമുക്ക് പരിചയം പരാജാഗ്രത എന്ന് പറയുന്നത് അതല്ല അതുകൊണ്ട് ഈ ജാഗ്രതയിൽ നിന്ന് പോകുന്നവൻ ഈ ജാഗ്രത്തിലേക്ക് വരും സജ്ഞാനതയെന്ന് പറയുന്നത് പരാജാഗ്രത് പരിചയമുള്ളതാണ് ഈ ജാഗ്രത് സിംഹത്തിനും മൃഗത്തിനും വരാഹത്തിനുമൊക്കെ പരിചയമുള്ള ജാഗ്രത ആണ് ശരീര ഈ ജാഗ്രത അവിടെ ശരീരത്ത് ആദാത്മ്യത്വം നിഷേധിച്ച് സത് ആദാത്മ്യമാണ് അപ്പൊ അതിന് ജാഗ്രത നോക്കി വിളിക്കാൻ പറ്റത്തില്ല നമുക്ക് പരിചയമില്ലാത്തൊരനുഭവാണ് ആ സദ്ബോധത്തിൽ ആണവൻ ഉറങ്ങുന്നതെങ്കിൽ ഇത് എന്നെ സത്സത്യ അഭിസംബന്ധം സത്സത്യനിശ്ചയം ആ ബോധത്തിൽ ഈ സൂക്ഷ്മഭാവത്തെ സദാത്മാനം അണിമാനം എന്നെല്ലാം നമ്മൾ പറഞ്ഞു പ്രവേശ്യ അതിലേക്ക് പ്രവേശിക്കുന്നു അവൻ പിന്നീട് ജാഗ്രതത്തിലേക്ക് വരുന്നില്ല അവൻ പരാജാഗ്രത്തിലാണ് അവൻ പോയത് പരാജാഗ്രത്തിലേക്ക് തിരിച്ചവൻ വരുന്നതും പരാജാഗ്രത്തിൽ ഞാൻ അവൻ ആവർത്തിക്കില്ല ജന്മമില്ല എന്നുള്ള അർത്ഥവും പറയാം രണ്ടു നിരത്തിലും പറയാം സയേശു അണിമ ഇത്യാദി വ്യാഖ്യാതം അങ്ങനെയാണ് പറഞ്ഞത് സയേശു അണിമ ഏതാത്മി വിധം സർവം സദാ സത്സ്വരൂപം ഇതം സർവം അവിടെ പ്രത്യേകിച്ച് ഒന്നിനും നിഷേധിക്കേണ്ട കാര്യമില്ല അംഗീകരിക്കേണ്ട കാര്യം ത്യജിക്കേണ്ട കാര്യമില്ല സ്വീകരിക്കേണ്ട കാര്യമില്ല ഏത് താത്മ്യം സ്വരൂപം സത്യം ആത്മാ അതാണ് നിന്റെ സ്വരൂപം അതാണ് സത്യം തത്വമസി ചെയ്ത ഗീതോ അതാണ് നീ സത്താണ് നീ തും സി നീ ആ സത്താകുന്നു എന്നിങ്ങനെ ബോധിപ്പിക്കുന്നു സദ്ഭാവത്തിൽ പോയാൽ സൃഷ്ടിയിലേക്ക് പോയാൽ സദ്ഭാവത്തിൽ തിരിച്ചു വരും അതിന് ആവർത്തനമെന്ന് പറയാൻ പറ്റില്ല മാറ്റം സംഭവിക്കുന്നൊണ്ടാണ് ആവർത്തനം എന്ന് പറയുന്നത് ആവർത്തന ആവർത്തനം എന്ന് പറയുന്നത് പരിണാമമാണ് ഈ ജാഗ്രത ഇത് നിരന്തരം പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ജാഗ്രതയിൽ തന്നെ ജാഗ്രത ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു പല രൂപത്തിൽ പല ഭാവത്തിൽ സൃഷ്ടിയിലേക്ക് അവിടെയെല്ലാം ഉപേക്ഷിക്കുന്നു വീണ്ടും ജാഗ്രതത്തിലേക്ക് വരുന്നു വീണ്ടും ആവർത്തിക്കുന്നു സദ്ഭാവത്തിലെ ആവർത്തിയില്ല എന്നുള്ളത് ഏകരൂപം സത്യേകരൂപമാണ് അപ്പം അതിന് പരിണമിക്കാൻ പറ്റില്ല പരിണമിക്കുന്നൊക്കെ പല രൂപത്തും പ്രാപിക്കാൻ പറ്റുന്നില്ല അസദ്രൂപത്തിൽ തന്നെ വീണ്ടും ജാഗ്രതയിലേക്ക് വരുന്നു വ്യവഹാരം അസദ്ബോധത്തിൽ നടന്നുകൂ അതിനെ വ്യവഹാരത്തെ സാധൂകരിക്കുന്നതാണ് സദ്ബോധം വ്യവഹാരത്തിൽ നിഷേധിക്കുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ സർവവ്യവഹാരത്തിനും ആ ഉണ്മയുണ്ട് അസത്യ അതിനാശരിച്ചിട്ടാണ് നമ്മുടെ സർവവ്യവഹാരങ്ങൾ വ്യവഹാരങ്ങൾ നിലനിർത്തുന്ന ആ ഉണ്മയാണ് അസ്ഥി അസ്ഥി എന്നുള്ള ബോധത്തെ ആശ്രയിച്ചിട്ടാണ് സർവവ്യവഹാരങ്ങളും നാസ്തിത്വ വ്യവഹാരങ്ങളും സത്തിനെ ആശ്രയിച്ച് വ്യവഹാരം നടക്കുന്നുണ്ടെങ്കിൽ അത് സദ്ബോധത്തിനും അവ്യവഹാരം നടക്കും സദ്ബോധത്തിലും അതിന്റെ ആശ്രയം മാറുന്നില്ലല്ലോ ഇപ്പോൾ വ്യവഹാരശൂന്യത വ്യവഹാരാഭാവം ഈ സദ്ബോധമുള്ളവരിൽ സംഭവിക്കുന്നില്ല പിന്നെ വ്യവഹാരാഭാവത്തെയും മറ്റും വിധിച്ചത് ഈ സദ്ബോധത്തിൽ ഒരാൾക്ക് പ്രതിഷ്ഠിതനാകാൻ വേണ്ട ആ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് മറിച്ച് സദ്ബോധം കൊണ്ട് വ്യവഹാരത്തിന് എന്തെങ്കിലും ക്ഷീണം സംഭവിക്കുമെന്ന് കരുതാൻ നിവർത്തിയില്ല സദ്ബോധത്തിൽ വ്യവഹാരം നടന്നുകൊണ്ടേ സദ്ബോധത്തെ വിസ്മരിക്കാനോ മറക്കാനോ ഒന്നും വേണ്ടിവരുന്നില്ല അതാണ് സത്സത്യാത്മാഭിസന്ധം എന്ന് പറയുന്നത് ആ ബോധം ബോധം നിശ്ചയരൂപത്തിലുള്ളതാണ് അതിൽ അജ്ഞാന സംശയങ്ങളെ ആരോപിക്കുകയാണ് ചെയ്യുന്നത് സ്വയം അപരോഷമായിരിക്കുന്ന ജ്ഞാനത്തിന് മറ്റുള്ളവരെ കൽപ്പിക്കുകയാണ് അസൺബോധം കൊണ്ട് ആ കല്പനകൾ നേരി മാറുന്നു പരിണാമം ഇല്ലാതാകുന്നു ആവർത്തിയും സംഭവിക്കുന്നില്ല ഇന്ന് ആവർത്തന്തി യേശുവാണിമാ ഇതതിന്റെ സൂക്ഷ്മതയാണോ യഥാ ലോകെ സ്വീയ ഗൃഹേ സുപ്ത ഉത്ഥം ഗ്രാമാന്തരം ഗുരു ജാതി സ്വഗ്രഹാഗതോ അസ്വം സദാഗതോസ്മീതി ജന്തൂനും കമാനം നൂ ഭഗവാൻ വിജ്ഞാപയ തധാസോമേ ഉച്ച ലോകെ സ്വീയ ഗൃഹേ സുക്തരാദദപേട്ടി കളഞ്ഞുഖമായിട്ട് ഉറങ്ങി പുത്തായ ഗ്രാമാന്തര രാമനെ എണീറ്റ് അടുത്ത ഗ്രാമത്തിലേക്ക് പോയി ജനാദി സ്വഗ്രഹാദ് അയാൾ അവിടെ ഇരുന്നുകൊണ്ട് ചിന്തിക്കുന്നു എന്നാണ് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് വന്നു ഇത്രയും ദൂരത്തിൽ ഗ്രാമത്തിൽ വന്നു എന്നയാൾ ചിന്തിക്കുന്നു ആഗതോ അസ്മിരിച്ച ജന്തു നാം കസ്മാ ജ്ഞാനം ഭൗതി അപ്പൊ തന്റെ വീട്ടിൽ നിന്ന് തന്റെ വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് ഗ്രാമത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഓർക്കാൻ കഴിയുന്നുണ്ട് ഞാൻ ഇതുവരെ എന്റെ വീട്ടിലായിരുന്നു ഉറക്കത്തിലായിരുന്നു ഇത്ര മണി വരെ അങ്ങനെയാണെങ്കിൽ സത്തിനെ പ്രാപിച്ചല്ലോ അവിടെ നിന്ന് ഉണർന്നു വന്നപ്പോ എന്തുകൊണ്ടറിഞ്ഞ ഞാനിത് സത്തിൽ നിന്നാണ് വന്നിരുന്നത് ആലോറിയില്ല ആർക്കും അതൊട്ട് അറിയാൻ കഴിയുന്നുമില്ല എന്നാൽ എല്ലാവരും ആ സത്തിനോട് താതാന്യപ്പെട്ട് സത്തായി തന്നെ ഇരിക്കുന്നുണ്ട് അത് പറയുന്നതിന് താല്പര്യം അത് ജാഗ്രത സംഭവിക്കുന്നു സത്തനോട് ഏകീഭവിച്ചിട്ട് സത്തിൽ നിന്നൊരു ജ്ഞാനുമായിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല അതിനോട് സത്ത് അവിടെ സ്മരിക്കാൻ കർണങ്ങളൊന്നുമില്ല മനസ്സുൾപ്പെടെയുള്ള ജീവൻ തന്നെ പോയി പിന്നെ അവിടെനിന്ന് ഇങ്ങോട്ട് ഓർത്തു വരാൻ പറ്റില്ല ആണ് സതിസമ്പദ് നവിതു സതിസമ്പദ് മഹേ എന്നോട് പറഞ്ഞു പറഞ്ഞ അതാണ് കസ്മാ വിജ്ഞാനെന്ന ബോധ്യം എന്തുകൊണ്ടാണ് വിജ്ഞാനം സംഭവിക്കുന്നില്ല അവിടെ പ്രത്യേകിച്ച് ഒരു വിജ്ഞാനം സംഭവിച്ചില്ല അതുകൊണ്ട് ഒരു വിജ്ഞാനം സംഭവിച്ചാൽ നമുക്കതിനെ ഓർക്കാൻ പറ്റും ഒരു വിജ്ഞാനം സംഭവിച്ചില്ലെങ്കിലും സുൽഫീനെന്ത് വിജ്ഞാനം സംഭവിക്കാനാണ് ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള ജാഗ്രതത്തിൽ വരുമ്പോൾ വിശേഷി ഓർക്കാൻ കഴിയുന്നു അതാണ് പറയുന്നത് കസ്മ വിജ്ഞാന ഭവതി വിജ്ഞാനം സംഭവിച്ചില്ല ഭിന്നങ്ങളെ ഓർക്കും മറിച്ച് എന്തൊക്കെ വിജ്ഞാനങ്ങളാണോ ഉണ്ടായിരുന്നത് അതെല്ലാം അവിടെ വിലയിച്ചേക്കും ശേഷിച്ച വിജ്ഞാനമാണ് അത് ഉറക്കത്തക്ക വിജ്ഞാനമല്ല വിജ്ഞാനസ്വരൂപമാണ് മറിച്ച് ജാഗ്രതയിൽ ആ വിജ്ഞാന സ്വരൂപത്തിൽ ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തിയിലൊന്നും വേണ്ട സുഹൃത്തിയിൽ ജ്ഞാനീ ജ്ഞാനി തമ്മിലൊരു വ്യത്യാസമുണ്ട് സുഹൃത്തിയിൽ വ്യത്യാസം വരും വഴിയില്ല എന്തുകൊണ്ട് ഞാനീ അജ്ഞാനി എന്നുള്ള ഭേദം ജാഗ്രത ഈ ജാഗ്ര ഭേദത്തെ ആശ്രയിച്ചാണ് ഞാനീ അജ്ഞാനി എന്ന് പറയുന്ന വ്യവഹാരം നടത്തുന്നത് സുഹൃത്തിയിൽ ആ ഭേദമില്ല അതുകൊണ്ട് അവിടെ വ്യവഹാരവും ഇല്ല അവിടെ കേവല സത്ത് മാത്രം ഇപ്പോൾ ഉണ്ടെന്ന് വരുമ്പോ ഞാൻ സത്താണ് ഞാൻ ആത്മാവാണു എന്നൊക്കെ ഇങ്ങനെ പറയാൻ കഴിയും സാധ്യമല്ല മറിച്ച് ജാഗ്രത ആ ജ്ഞാനം ഉണ്ടായാൽ ഉണർന്നു എന്നാ പറയാം ഞാൻ സത്താണ് അഹം ബ്രഹ്മാസ്മി ജാഗ്രതയിൽ നിന്ന് ജാഗ്രതയിലേക്ക് പോകുന്ന ജ്ഞാനമാണ് ജാഗ്രത സുഴുത്തിരിച്ച് ജാഗ്രത്തിലേക്ക് വരുന്ന ജ്ഞാനമല്ല ആ പറയുമ്പോൾ ജാഗ്രതെന്ന് പറഞ്ഞാലും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതൊരു വിരക്ഷമായ ജാഗ്രത അതുകൊണ്ടാണ് അതിനെ പരാജാഗ്രത എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ ആവർത്തിക്കുവാതല്ല താല്പര്യമാരില്ല സദ്ബോധത്തോടു കൂടി ഉറങ്ങിയാൽ മാത്രമേ അത് സാധിക്കൂ സദ്ബോധത്തോടുകൂടി ജാഗ്രത വ്യവഹരിക്കാൻ സാധിക്കൂ ഈ ജാഗ്രത സദ്ബോധത്തോടുകൂടി വ്യവഹരിച്ചാൽ അടുത്ത ജാഗ്രതയിലും അതേ തരത്തിൽ വ്യവഹരിക്കുക എൻ്റെ യുക്തി കൂടെ ഇവിടെ ബോധിപ്പിക്കുകയാണ് മനുഷ്യനാണെന്നുള്ള ബോധം ഇതിൽ വ്യവഹരിച്ച് ഉറങ്ങുമ്പോൾ അത് മറക്കാതിരിക്കുന്നത് പോലെ താൻ സത്താണോ എന്നുള്ള ബോധത്തിൽ ഉറങ്ങി ഉണർന്നു കഴിഞ്ഞാൽ അതിന് മാറ്റം സംഭവിക്കുന്നില്ല സർവ്വ ജന്തുക്കൾക്കും എന്തുകൊണ്ടാണ് അഭിജ്ഞാനം ഉണ്ടാകുന്നില്ലെന്ന് ചോദിച്ചതിന് സ്പഷ്ടമാണെന്തുകൊണ്ട് സർവ്വ ജന്തുക്കളും ഈ സത്താണെന്ന് അറിയുന്നില്ല ഒരാൾ പറയണം സത്സംഗം എല്ലാം കേട്ടു എനിക്ക് ഞാൻ സത്താണ് ഈ ജാഗ്രതത്തിൽ ബോധിച്ചു സുഷിയിലേക്ക് പോയി അവിടെയെല്ലാം വിസ്മരിച്ചു സതിസമ്പത്തിന വിധമെന്നറിയുന്നില്ല അടുത്ത ജാഗ്രതത്തിലേക്ക് പോകും അപ്പോ ഞാൻ ഓർക്കുന്നുണ്ട് മറന്നുപോയി എന്ന് പറഞ്ഞാലോ ശരിയല്ല എന്തുകൊണ്ട് ഈ ജാഗ്രത്തിൽ നിന്ന് സുഴ്ത്തിയിലേക്ക് പോയത് സത്വം എന്നുള്ള ബോധത്തോടു കൂടിയല്ലേ ആ സ്വാമി എന്നുള്ള ബോധത്തോടുകൂടി പോയി ഗുരു എന്നുള്ള ബോധത്തിൽ പോയി ശിഷ്യൻ എന്നുള്ള ബോധത്തിൽ പോവാം ജിജ്ഞാസ എന്നുള്ള ബോധത്തിൽ പോവാം പുരുഷ സ്ത്രീ ഈ ബോധത്തിലെല്ലാം പോവാം തിരിച്ചു വന്നാൽ അതുപോലെ തന്നെ അപ്പോ സത്സംഗം ആവർത്തിച്ചിട്ടോ സത്യം എന്നുള്ള ബോധം വന്നില്ല അതാ തരാ ആ ബോധത്തിലെത്തിയില്ല അതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ ആ ബോധത്ത് തുടരാൻ പറ്റുന്നു എന്തുകൊണ്ട് ഉണ്ടാകാത്തതിന് പല ദോഷങ്ങൾ പല തടസ്സങ്ങളും ശ്രവിച്ചു പക്ഷെ താൽപ്പര്യം മനസ്സിലാവുന്നില്ല അതാണ് പ്രശ്നം പൈസ നിന്നുള്ള ബോധം അതപ്പോൾ എങ്ങനെയിരിക്കും ചോദ്യത്തിൻ്റെ ആവശ്യമില്ല ഞാനെയാണോ എന്ന് വേറൊരാടടുത്ത് പോയി ചോദിക്കും പോലെ തിരിച്ചറിന് തിരിച്ചറിവിന്റെ ആവശ്യമില്ല സ്വയം അതിന് സക്ഷമമാണ് സദ്ബോധം തന്നെ അതിനെ പ്രകാശിപ്പിക്കുന്നു സദ്ബോധത്തെ പ്രകാശിപ്പിക്കഴിഞ്ഞ് രണ്ടാമതൊരു ബോധമില്ല അതിന് പ്രകാശിപ്പിക്കാതെ പര്യാപ്തമാണ് സ്വയം പ്രകാശമാണ് സ്ഥിരീകരിക്കുന്നു കാരണം ഇത്തരം ചെറിയ സംശയങ്ങൾ വീണ്ടും ഉണ്ട് അതങ്ങനെ സംഭവിക്കുന്നു സംശയങ്ങളല്ല അത് വരാൻ വഴിയില്ല മറ്റു പ്രപഞ്ചബോധത്തിൽ ഇരിക്കുന്നോണ്ട് സംശയം വരുന്നു അതുകൊണ്ട് പറയുന്ന പുയൈവമാ ഭഗവാൻ വിജ്ഞാപിച്ചു വീണ്ടും തന്നെ ഒന്നുകൂടി ബോധിപ്പിക്കണം ഞാൻ സത്ബോധത്തെ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അതിൽ പ്രപഞ്ചബോധമുണ്ട് അപ്പോൾ ആ പ്രപഞ്ചബോധം മാറിയ സ്ഥാനത്ത് സദ്ബോധം വരണം ഉറങ്ങാൻ പോകുമ്പോൾ സത്ബോധത്തോടുകൂടി തന്നെ ഉറങ്ങണം ഉണരുമ്പോൾ അസദ്ബോധത്തോടു കൂടി തന്നെ ഉണരണം അത് കഴിയാതിരുന്നാൽ എന്തോ തകരാറുണ്ടെന്ന് ശരീരബോധമുണ്ടെന്ന് അർത്ഥം മനുഷ്യത്വബോധമുണ്ടെന്ന് നടത്തും അല്ലെങ്കിൽ മൃഗബോധമുണ്ടെന്ന് നടത്തും അതുകൊണ്ട് ചോദിക്കുന്നു ഭൂയൈവ്മാ ഭഗവാൻ വിജ്ഞാപയത്തു വീണ്ടും എന്നെ അതൊന്നുകൂടി മനസ്സിലാക്കിക്കണം ബോധിപ്പിക്കണം കാരണം വിപരീതവാസന ദൃഢമായിരിക്കും ഈ പ്രപഞ്ചവാസന ശരീര ബോധം തന്നെ ദൃഢമായിരിക്കും അതിന്റെ സ്ഥാനത്ത് സദ്ബോധം വരണം ഭൂയൈവം മാ ഭഗവാൻ വിജ്ഞാപേദി തഥാസ്വാമേ പോലെ പിതാവ് ക്ഷമയോടുകൂടി ഇത്രയും തവണ ഇത് ആവർത്തിച്ചു വീണ്ടും പറയണേ ശരി നീ വീണ്ടും ചെറുക വീണ്ടും ചെറിയ ബോധം വരണ്ടേ കേട്ടതുകൊണ്ടായില്ലോ ഘോ വ സിംഹോ വൃപോ വരാഹോ കീടോ പതംഗോ വംശോ മശകോ എന്ത സേശ്വാണിമാർ തത്സത്യം സാത്മാമസിതകോ ഇതി ഭൂയേവ മാം ഭഗവാൻ വിജ്ഞാപിക്കും ഇതി തഥാസ്വമേധി ഹോ വാച്ച ഇവിടെ ഭാഷകാലം പറഞ്ഞു യഥാപ്രജ്ഞം ഹി സംഭവം അവന്റെ പ്രജ്ഞ അനുസരിച്ചാണ് ജന്മം എന്ന് പറയുന്നത് അവിടെ അവശേഷിക്കുന്ന ഒരേ ഒരു ചോദ്യം ഇതാണ് ആ സൃഷ്ടി ലൈംഗീഭവ് സംഭവിച്ചു ജാഗ്രത് ഒരു സൃഷ്ടിക്ക് ശേഷം വീണ്ടും ജാഗ്രത ആയി തന്നെ അനുവർത്തിക്കുന്നു ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു ഇതിനെ രണ്ടിനെ ബന്ധിപ്പിക്കുന്ന എന്താണ് അതിനാണ് ഭാഷയാണ് അവിടെ പറഞ്ഞാ പ്രജ്ഞം അതിനോട് പറയുന്നത് വാസന എന്നും മറ്റും പറയുന്നു അത് നമ്മൾ ധരിക്കുന്നതുപോലെ ഒരു ജാഗ്രതയും അടുത്ത ജാഗ്രത്തിൻ്റെയും മധ്യത്തിന് സുഷുത്തി എന്ന് പറയുന്ന ഒരു കയറ് വച്ചിട്ട് രണ്ടിനെയും കൂടെ കൂട്ടി കെട്ടിയിരിക്കുകയാണ് അങ്ങനെ ധരിക്കരുത് അങ്ങനെ ബന്ധിപ്പിക്കുകയാണ് ഒരു ജാഗ്രത ഒരു സുഷൃത്തി ഒരു ജാഗ്രത രണ്ടിനെയും കൂടെ ബന്ധിപ്പിക്കാൻ മധ്യത്തിനൊരു കയർ അപ്പോൾ യഥാപ്രജ്ഞം ധർമ്മം ജ്ഞാനം വാസന ഇതെല്ലാം കൂടി തന്നെ രണ്ടിനൂടെ കൂട്ടി മുട്ടിക്കുകയാണ് അതുകൊണ്ട് ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് വീണ്ടും ആ ജാഗ്രത്തിലേക്ക് വരുന്നു അങ്ങനെ ധരിക്കരുത് അങ്ങനെ ഇവിടെ കൂട്ടിക്കെട്ടുന്ന ഒന്നുമുണ്ട് കാരണം എന്താണോ ഈ ജാഗ്രത്തിലും അടുത്ത് വരാൻ പോകുന്ന സുഹൃത്തിയിലും തുടർന്ന് വരുന്ന ജാഗ്രത്തിലും എല്ലാം ഇരിക്കുന്ന ഒന്ന് സത് രണ്ടെണ്ണ രണ്ടെണ്ണം ഉണ്ടെങ്കിലേ നമുക്ക് ബന്ധിപ്പിക്കാൻ പറ്റും ഒന്നിലങ്ങനെ ബന്ധനം സംഭവിക്കും സംഭവിക്കുന്നില്ല പിന്നെന്താ ഈ സത്തിൽ ഈ ജാഗ്രത ഇങ്ങനെ അനുഭവപ്പെടുന്നു പുരുഷനായും സ്ത്രീയായും ഒക്കെ അനുഭവപ്പെടുന്നു അടുത്ത് സൃഷ്ടിയിലേക്ക് പോകുമ്പോൾ അവിടെ കേവലം സത്തായെന്നല്ല അനുഭവമില്ല വീണ്ടും ഇതിങ്ങനെ പ്രകാശിക്കുന്നു പോലെ എന്ന് കുറിച്ച് ഉയർന്ന തലത്തിൽ നമുക്ക് മനസ്സിലാക്കാം പിന്നെ ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല ഈ ജാഗ്രത്തിൽ ഇതിങ്ങനെ പ്രകാശിക്കുന്നത് അനുഭവപ്പെടുന്നത് എന്തിനോട് ബന്ധിച്ചിട്ടാണെന്നുണ്ടോ സത്യം ദൈവശേഷ സ്വഭാവം എന്ന് പറഞ്ഞതുപോലെ ഇത് നിന്റെ സ്വഭാവമായി പ്രകാശിക്കുന്നു വേറെ തരുത്തി വേണമെങ്കിൽ പറയാം ഇവിടെ ഈ ജാഗ്രതത്തിൽ സത്ത് സത്തായി പ്രകാശിക്കുന്നു പുരുഷനായും സ്ത്രീയായും പ്രകാശിക്കുന്നു അങ്ങനെ മനസ്സിലാക്കും വീണ്ടും അടുത്ത് സൂക്ഷത്തി കഴിഞ്ഞ് ജാഗ്രതയിൽ വീണ്ടും അതുമായി പ്രകാശിക്കുന്നു മറിച്ച് ഈ ജാഗ്രതയിൽ ഈ തിരിച്ചറിവുണ്ടാകുമ്പോൾ ജാഗ്രതായി തന്നെ പ്രകാശിക്കും പരസ്പരം ബന്ധിപ്പിക്കേണ്ട ആവശ്യമില്ല സുഹൃത്തിൽ അത് കേവലം സത്തായി നീക്കുന്നു വീണ്ടും ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ അത് സത്തായി പ്രകാശിക്കുന്നു അങ്ങനെ സംഭവിക്കും സത്തിന് പുരുഷനായും സ്ത്രീയായുമെല്ലാം പ്രകാശിക്കാമെങ്കിൽ അതിന് സത്തായും പ്രകാശിക്കും എന്താ ദോഷം സത്ത് നമ്മളിപ്പോ അനുഭവിക്കുന്നുണ്ടേ സർവത്ര ഉണ്മയനുഭവിക്കുന്നല്ലേ പക്ഷെ അത് കേവലമായ ഉണ്മയുടെ രീതിയിലല്ല പുരുഷ സ്ത്രീ ഭേദത്തോടു കൂടിയാണ് അതുകൊണ്ട് നമ്മൾ അതിനെ പറയുന്നു അതാ ജ്ഞാവസ്ഥ ഞാനാവസ്ഥ എന്നും പറയും മറിച്ച് സത്ത് സത്തായി തന്നെ പ്രകാശിക്കുന്നു അങ്ങനെ പ്രകാശിക്കുന്നതിന് ഇവിടെ പരസ്പരം ബന്ധിപ്പിക്കേണ്ട ആവശ്യമില്ല സഹജമായി അങ്ങനെ പോകും ജീവഭാവങ്ങളെല്ലാം അതുപോലെ പ്രകാശിക്കുന്നു അതുകൊണ്ടാണ് ചിലടത്ത് പറയുന്നത് എന്താണിത് വിലയിക്കുന്നു പരിണമിക്കുന്നു എന്ന് പറയുന്നതും ആർത്ഥത്തിലാണ് സത്രു വിലയിക്കുന്നു സത്തായും നിലനിൽക്കുന്നു സത്രു പരിണമിക്കുന്നു ജാഗ്രതായും സ്വപ്നമായും എല്ലാം പരിണമിക്കുന്നു ഈ രണ്ട് ഭാവങ്ങളെ നിവൃത്തി എന്ന് പറഞ്ഞു അതാണ് അവിടെ പുരുഷനായും സ്ത്രീയായും വിവേകശൂന്യമായി എങ്ങനെയാണോ അനുഭവപ്പെടുന്ന ജാഗ്രത സത് എന്നുള്ള വിട്ടിറ്റ് അതിന്റെ സ്ഥാനത്ത് സത്തിൽ പ്രകാശിക്കുന്നു പുരുഷ സ്ത്രീ ഭാവങ്ങളെല്ലാം അങ്ങനെ ധരിക്കുന്നു ഒരാൾ ഈ സത്വം എന്നുള്ള ജ്ഞാനം വന്നു കഴിഞ്ഞാൽ പുരുഷൻ പുരുഷനല്ലാതായി തീരും സ്ത്രീ സ്ത്രീ അല്ലാതായി തീരും അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല തത്വത്തിൽ അയാൾ പുരുഷനും സ്ത്രീയൊന്നുമല്ല വ്യവഹാരത്തിലുള്ള അനുഭവത്തിൽ പുരുഷൻ പുരുഷൻ തന്നെ സ്ത്രീ സ്ത്രീ തന്നെ യുവാവ് യുവാവ് തന്നെ വൃദ്ധൻ വൃദ്ധൻ തന്നെ മാറ്റം സംഭവിക്കുന്നു എന്തുകൊണ്ട് ഈ ജാഗരത്തിൽ ഇതിങ്ങനെയാണ് പ്രകാശിക്കുന്നത് ഇതെല്ലാം സത്തിൽ പ്രകാശിക്കുന്നു എന്നുള്ള വ്യത്യാസം വേണം പ്രതീതിക്കും മാറ്റം വരുന്നില്ല അതുപോലെ തന്നെ അതുകൊണ്ടാണ് അതിന് പ്രാരബ്ധെന്നും മറ്റും ഇന്നി ഭാഷ അതിനെക്കുറിച്ച് നമുക്ക് പല ഭാവനകളും ഉണ്ടെന്നുള്ളത് സ്ത്രീ പുരുഷ ഭേദമെല്ലാം നഷ്ടപ്പെടും പ്രത്യേകിച്ചൊന്നും നഷ്ടപ്പെടുന്നുമില്ല പ്രത്യേകിച്ചൊന്നും നേടുന്നുമില്ല സംഗതി മൊത്തം തല ധരിയുന്നു എന്നുള്ളതേ ഇപ്പോ എങ്ങനെയാണ് ഇതിൽ ഇതെല്ലാം സത്ത് എന്നല്ല ഈ പുരുഷഭാവം സ്വത്താണ് സ്ത്രീഭാവം സ്വത്താണ് മനുഷ്യഭാവം സത്താണ് മറിച്ചാണെങ്കിലോ സത്തിൽ ഇതല്ല ഈ രണ്ടു വ്യത്യാസങ്ങളും സത്തിലാണ് പുരുഷഭാവം സത്തിലാണ് സ്ത്രീഭാവം സത്തിലാണ് ഗുരുഭാവം ശിഷ്യഭാവം അല്ല അങ്ങനെ ഈ അനുഭവത്തിന് ഇടയ്ക്ക് സുഹൃത്തിയിൽ സർവബന്ധങ്ങളും നഷ്ടപ്പെട്ട് സർവശൂന്യമായ അവസ്ഥയെ പ്രാപിച്ചാലും വീണ്ടും അങ്ങനെ തന്നെ പ്രകാശിക്കുന്നു അതതിന്റെ സ്വഭാവം അതുകൊണ്ട് പിടിച്ച് രണ്ടിനെയും കൂടെ കൂട്ടിക്കെട്ടണമെന്നെൻ്റെ ആവശ്യമുണ്ട് എന്നാലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയും എന്താണെന്ന് പോയത് തത്കർമ്മജ്ഞാനവാസന അങ്കിതാ സന്ത ഇതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയണം എന്തുകൊണ്ട് ഇത് ഇതേപോലെ തന്നെ പ്രകാശിക്കുന്നു ജാഗ്രതയിൽ പുരുഷനായിരുന്നു സുൽത്തിയിൽ സർവവിച്ഛേദം സംഭവിച്ചു വീട്ടിലും പുരുഷനായിരുന്നു രണ്ടേയും കൂടെ ബന്ധിപ്പിക്കാൻ ഇടയ്ക്ക് എന്തെങ്കിലും ഒന്ന് വേണ്ടേ അതിന് സമാധാനം പറയുകയാണ് ആ സമാധാനം പറയുന്നത് എന്താണ് അത് വാസന ഉണ്ടായിരുന്നു കർമ്മം ഉണ്ടായിരുന്നു അതൊക്കെ എന്താ ഈ വാക്കിനാ കർമ്മം കാണുമെന്നൊക്കെ പോലെ ദൈവശേഷ സ്വഭാവം ഇതിന്റെ സ്വഭാവമാണ് വേറൊന്നുമല്ല ഇതൊന്നും അന്യമായ ഒന്നല്ല ജാഗ്രതയിൽ ഇല്ലാതിരുന്നൊന്നും സ്വപ്നത്തിൽ ഉണ്ടായിരുന്നല്ല സൃഷ്ടിയിലുണ്ടായിരുന്നില്ല മറിച്ച് എന്താണോ ഇത് സ്വഭാവം ജാഗ്ര ഇതിന്റെ സ്വഭാവമാണ് ഇങ്ങനെയെല്ലാം പ്രകാശിപ്പിക്കുന്നത് സുഷുതികാശിക്കാതിരിക്കുക അത് അതിന്റെ സ്വഭാവമാണ് ഇത്രയുള്ള വ്യത്യാസം ജാഗ്രത ഇങ്ങനെ പ്രകാശിക്കണം ജാഗ്രതകളിലെല്ലാം ഇതേ സ്വഭാവത്തിന് ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് മാറ്റം നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയുന്നില്ല ബുദ്ധനായതറിഞ്ഞില്ല യുവാവായത് ഒന്നും പെട്ടെന്ന് തിരിച്ചറിഞ്ഞില്ല അത് സ്വഭാവമാണ് സഹജമാണ് അതങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സത് സ്വഭാവം അവിടെ അതിന്റെ പരമാർത്ഥത്തെ അറിയുന്നു അങ്ങനെ ജ്ഞാനി എന്ന് പറയുന്നു ഇതിൽ പരമാർത്ഥമായിരിക്കുന്നത് ഈ സഹജഭാവങ്ങളെന്ന് പറഞ്ഞു മറിച്ച് എന്താണ് സദ്ഭാവമാണ് അതാണ് പരമാർത്ഥം ഇതൊക്കെ പരമാർത്ഥമാണെന്ന് തോന്നുന്നു ഇതിന്റെ സഹജഭാവങ്ങളെല്ലാം പരമാർത്ഥം തോന്നുന്നു അങ്ങനെയാണ് നമ്മുടെ അനുഭവം അല്ലെ എപ്പോഴെങ്കിലും ഈ പുരുഷഭാവം പരമാർത്ഥമല്ല എന്ന് അറിഞ്ഞിട്ടാണ് പുരുഷനായിരിക്കുന്നത് അത് പരമാർത്ഥം ധരിച്ചുകൊണ്ട് തന്നെ അവിടെ ബോധിപ്പിക്കുന്നു ശ്രീ എന്താണ് അതല്ല സദ്ഭാവമാണ് പരമാർത്ഥം എന്ന് ബോധിപ്പിച്ചാൽ പിന്നെ അതിനെ മാറ്റാൻ വേറൊന്നുമില്ല ഇവിടെ മറ്റു ഭാവങ്ങൾക്കൊന്നും അതിനെ മാറ്റാൻ പറ്റില്ല എന്തുകൊണ്ട് അത് പരമാർത്ഥമാണ് അതുകൊണ്ട് പറയുന്നു ആ സത്തിലേക്ക് പ്രവേശിക്കുന്ന മുൻ സത്ബോധത്തോടുകൂടിയാണ് പ്രവേശിക്കുന്നതെങ്കിൽ ഉണരുമ്പോഴും ആ സദ്ബോധത്തോടുകൂടി തന്നെ അത് പ്രത്യേകിച്ച് സത്ബോധത്തോടെ ഓർക്കേണ്ട കാര്യമില്ല വിസ്മരിക്കേണ്ട കാര്യമില്ല അതാണ് ഇവിടെ വിശദീകരിക്കുന്നത് പക്ഷെ അവിടെ വളരെ തുച്ഛമായൊരു തടസ്സം വരാൻ വഴിയുള്ളൂ ബോധത്തിന് അതുകൊണ്ടാണ് വീണ്ടും ചോദിക്കുന്നത് ഭൂയ ഭഗവാൻ വിജ്ഞാപ്ത വീണ്ടും എന്നെ ബോധിപ്പിക്കുന്നു എന്തോ ഒരു തടസ്സം തഥാസ്വാമി ശരി വീണ്ടും അത് തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നത് പോലെ തോന്നിയാലും ഒരു മറം ആ മറ മാറുന്നത് വരെ വീണ്ടും തന്നെ തെളിക്കുകയാണ് ഇമാ സൗമ്യം ദൃ പുരസ് പ്രചന്താ പ്രതീച്ച സമുദ്രമേ അപിയന്ത സമുദ്രവതി ദൃഷ്ടാന്തം കസ്മാത് വിജ്ഞാനം നവതി സത്യനേകീഭവിച്ചിട്ടുള്ള വരുമ്പോൾ എന്തുകൊണ്ടാ വിജ്ഞാനത്തോടുകൂടി വരുന്നില്ല ഞാൻ പരമമായ സത്യത്തെ പ്രാപിച്ചിരിക്കുന്നു ശുണു തത്ര ദൃഷ്ടാന്ത യഥാസ്വാമി മാഹ നദ്യഹ ഗംഗാദ്യഹ പൂർവാാന്തം പ്രതി പ്രാച്യാഹ സിന്ത നദികൾ മുഖ്യമായി രണ്ടു ഭാഗത്തിലേക്കാണല്ലോ ഒഴുകുന്നത് ഇവിടെ നമ്മുടെ നാട്ടിൽ ഒന്ന് കിഴക്കോട്ടും ഒന്ന് പടിഞ്ഞാറോട്ടും കാരണം സമുദ്രത്തിലേക്ക് ഒഴുകുന്നോണ്ടാണ് ഈ ദൃഷ്ടാന്തം പറയുന്നത് ഗംഗാദ്ർ ദി പ്രാച്യ പ്രാഗഞ്ജന കിഴക്കോട്ട ഒഴുകും പടിഞ്ഞാറ് കിഴക്കോട്ട അത് തന്നെ പറയുകയാണ് പശ്ചാത്തീ സിന്ധു സിന്ധുവും മറ്റും തിരിച്ചൊഴുകും ബംഗാൾ ഉൾക്കടലിലേക്കും മറ്റൊന്ന് അറേബ്യൻ കടലിലേക്കും അതിനാണ് ഇവിടെ പ്രതീതി അഞ്ചന്തി ഗച്ഛന്തി പ്രതീച്ചഹ പടിഞ്ഞാറൻ സമുദ്രത്തിലേക്ക് ഒഴുകുന്നു ചെറുതങ്ങനെയല്ല വടക്കുന്ന് തെക്കോട്ടൊഴുകുന്നു ചില തെക്കുന്നു വടക്കോട്ടൊഴുകുന്നു സമുദ്ര അമ്പോനിധേർ ജലധരയിൽ അക്ഷിപ്തഹ പുനർവൃശ്ശിരൂപേണ പതിത അവിടെ ചെല്ലുന്നു ഈ നദികൾ അവിടെ സമുദ്ര സ്വീകരിക്കുന്നു അംബോ നിധേർ വീണ്ടും അതിനെന്ത് ചെയ്യുന്നു ജലധരിയിലാകൃഷ്ടാഹ മേഘങ്ങൾ അതിനെ ആകർഷിക്കുന്നു മേഘരൂപത്തിൽ പോകുന്നു ആകാശത്തിലേക്ക് പോകുന്നു പുനർവൃക്ഷരൂപേണ പതിതാഹ വീണ്ടും വൃക്ഷരൂപത്തിനത് ഭൂമിയിലും സമുദ്രത്തിനുമെല്ലാം പതിക്കുന്നു ഗംഗാതി നദീരണ്യ വീണ്ടും ഗംഗാതിരൂപത്തെ പ്രാപിക്കുന്നു പുന സമുദ്രം അമ്പോനിധിയുമേവ് അഭിയന്തി വീണ്ടും ആ സമുദ്രത്തെ തന്നെ പ്രാപിക്കുന്നു സമുദ്രേവ ഭവതി ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും സമുദ്രത്തിൽ ചെല്ലുമ്പോൾ സമുദ്രമാകുന്നു കരയിൽ വരുമ്പോൾ ഗംഗയും സിന്ധുവുമാകുന്നു സുഹൃത്തിയിൽ പോകുമ്പോൾ സത്താകുന്നു ജാഗ്രത്തിലേക്ക് വരുമ്പോൾ പുരുഷന സ്ഥലമാകുന്നു ത നദിയും യഥാ തത്ര സമുദ്രേ സമുദ്രാത്മന ഏകതാംഗത ശരി കരയിൽ നിന്നുകൊണ്ട് നോക്കുന്ന സമുദ്രത്തിൽ സിന്ധുവിനെയോ ഗംഗയോ കാണാൻ കഴിയുന്നുണ്ടോ സമുദ്രത്തെ എത്ര പരിശോധിച്ചാലും ശരി സിന്ധുവിനെയും ഗംഗയും കാണാൻ കഴിയത്തില്ല അവിടെ സമുദ്രത്തെ കാണാൻ കഴിയത്തില്ല ഇനി ഒരാൾ വാശി പിടിച്ചാലോ അല്ല എനിക്കവിടെ അറിയണം ഗംഗയെ അറിയണ യമിനെ അറിയണം സിന്ധുവിന് ഞാൻ വ്യർത്ഥം അത് നടക്കുന്ന കാര്യങ്ങൾ സമുദ്രാത്മന ഏകദാം വിതുഹുന്ന ജാനാദീയം ഗംഗ അഹം അസ്മി എം യമുൻ അഹം അസ്മി അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നു ഏകീഭൂതമാണ് സത്തിൽ ഏകീകരിച്ചിട്ട് എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല തിരിച്ചറിയേണ്ട കാര്യമില്ല തിരിച്ചറിയണമെന്ന് നിയമമില്ല നിയമം ഉണ്ടെന്നുള്ള രീതിയിലാണ് നമ്മൾ ചോദിക്കുന്നത് സമുദ്രത്തിൽ നിന്ന് ഒരു തുള്ളിയെടുത്തിട്ട് ഗംഗയാണോ എമിനെയാണോ നമ്മൾ തിരിച്ചറിയണം എന്നെങ്ങനെ നമ്മുടെ മനസ്സിൽ ഇരിക്കുകയാണ് അതുകൊണ്ട് ചോദിക്കുന്നത് ഗംഗയാണോ എമനയാണോ അതിന്റെ ആവശ്യമില്ലല്ലോ അവിടെ തിരിച്ചറിയാനുള്ള ഒന്നുമില്ല അത് എന്തുകൊണ്ട് ദൈവത്വത്തെ പ്രാപിച്ചു ജലമായി കേവല ജലമായി തീരും സമുദ്രജലമായി തീരും അതുപോലെ ഈ സത്തിനെ ഏകീഭവിക്കുന്നു അതുകൊണ്ടാണ് പറയുന്നത് തത്വജ്ഞാനം ആത്മബോധം ഒന്നും കൃത്രിമമായിട്ട് അവർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അത് സഹജമാണോ ബോധസദ അല്ല ജ്ഞാനസദ ജ്ഞാനമായിട്ട് തന്നെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ ആരോപിച്ചിരിക്കുന്നതിന് മാറ്റുന്നു എന്നേ ഉള്ളൂ ബോധം കൊണ്ട് തന്നെ അത് മാറ്റുന്നു ശേഷിക്കുന്ന ബോധം മാത്രം അല്ലേ കഴിക്കുന്നത് ജനം കൊണ്ട് കഴുകിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ജനം കാണും അതുപോലെ ബോധം കൊണ്ട് യാരപത്തെ നിവർത്തിപ്പിക്കുന്നു മറ്റ് ഭാവങ്ങളെല്ലാം നിവർത്തിപ്പിക്കുന്നു ശേഷിക്കുന്നു സദാത്മഭാവം ജാഗ്രത്തിൽ ആ ബോധം ഉണ്ടാകാൻ സത്താണ് അബോധത്തെ ശ്രദ്ധി ബോധിപ്പിക്കുന്നു കുരുബോധിപ്പിക്കുന്നു ശിക്ഷഗ്രഹിക്കുന്നു ജാഗ്രതത് വേണം അതുകൊണ്ട് നമുക്കറിയാം ഇതുവരെ അറിയില്ല എന്താ ഇപ്പോ അറിയുന്നത് ജാഗ്രത്തിൽ ബോധം സംഭവിച്ചു സുഹൃത്തിയിൽ അത് സംഭവിക്കണമെന്നുണ്ടോ സുഹൃത്തിയിൽ സംഭവിക്കാൻ ഈ കർണങ്ങളൊന്നും അതുകൊണ്ട് ആ ചോദ്യം പഴയ ചോദ്യം എന്താണോ അങ്ങനെ നിങ്ങൾ ഏകത്വത്തെ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഏകത്വത്തെ അറിയുന്നില്ല ഏകത്വത്തെ പ്രാപിക്കുന്നിടത്ത് അറിവില്ല അവിടെ ഒന്നിനെ അറിയാൻ കഴിയുന്നു അറിവില്ലായ്മയാണ് അതിന്റെ സ്വരൂപം അവിടെ അറിവില്ല സുഹൃത്തിയിൽ അറിവില്ല പിന്നെ അവിടെ എന്തുകൊണ്ട് അറിയുന്നില്ല നിയോഗിക്കുന്നില്ല എന്താ അർത്ഥം ചോദ്യത്തിലാണ് തരം പക്ഷെ ജാഗ്രതങ്ങനെയല്ല അവിടെ അറിയാം അതാണിതെല്ലാം ഗുരു ശാസ്ത്രവും എല്ലാം അതിനെ ഗ്രഹിക്കുന്നു ആ അറിവ് വേണ്ടി മറ്റ് ഭാവങ്ങളെ നിരാകരിക്കാൻ വേണ്ടി മാത്രം അതേ അതിൻ്റെ ഉപയോഗമുണ്ട് എന്നിട്ട് അറിവോടുകൂടി തന്നെ എന്ത് ചെയ്യുന്നു അവൻ പോകുന്നു സൃഷ്ടിയിലേക്ക് പോകുന്നു മോണിടുന്നു ആറിവോടുകൂടി തന്നെ ആറിവ് എങ്ങനെ മറ്റ് ഭാവങ്ങളെല്ലാം നിരാകരിച്ചേറും അതാ ജാഗ്രതയിലവൻ മറ്റൊന്നാകാൻ കഴിയുന്നില്ല പരമാർത്ഥത്തിൽ മറ്റൊന്നാകാൻ കഴിയില്ല വാസ്തവത്തിലുള്ളവന് മറ്റന്നാവാൻ കഴിയില്ല സദാത്മഭാവത്തെ വിട്ടിട്ട് മറ്റൊന്നാകാൻ കഴിയില്ല മറിച്ച് സദാത്മഭാവത്തിൽ രണ്ടും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത് തെറ്റിദ്ധരിക്കരുത് ചിലപ്പോൾ ഞാനും ഉണ്ടാവുമെന്ന് പറയുന്നു ചിലപ്പോൾ ഞാനും ഇല്ലാ ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നു അങ്ങനെ ധരിക്കരുത് ഞാനുണ്ട് ാണ് ജാഗ്രതയുടെ വിവേകം എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ ധരിക്കുന്ന തരത്തിലല്ലെന്നേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുണ്ട് അത് വരുന്നില്ല അവിടെയാണ് കൂടുതൽ കൃത്യത വേണ്ടത് കൂടുതൽ വെളിവ് വരേണ്ടവിടെയാണ് അജ്ഞാനത്തിൻ്റെ സ്വരൂപത്തിലാണ് നമുക്ക് മിഥ്യാശങ്കുള്ളത് അതിനൂടെ െളിയിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ഇതിനെ ഇങ്ങനെ ഉപദേശിക്കുന്നത് ആ ജ്ഞാനത്തോടുകൂടി അല്ല പോയത് അതുകൊണ്ട് ഉണർന്നപ്പോ ആ ജ്ഞാനത്തിൽ അവന് ഇന കഴിയുന്നില്ല പ്രത്യേകിച്ച് ഒരു ജ്ഞാനത്തോടുകൂടി ഉറങ്ങുകയോ പ്രത്യേകിച്ച് ഒരു ജ്ഞാനത്തോട് ഉണരുകയോ ചെയ്യാഗ്രൽ ആ ബോധമുണ്ട് ശതാത്മബോധം അവിടെ നിന്ന് അതിനെ വിട്ട് സുഷക്തിയിലേക്ക് പോയി വീണ്ടും ജാഗ്രത അതേ സദാത്മബോധം അത് നിലനിൽക്കുന്നു ആ ജാഗ്ര ആ സദാത്മബോധത്തിൽ അതിന് വിപരീതമായ സർവവും നിരാകരിക്കപ്പെട്ടിരിക്കുന്നു സാതാത്മ്യത്തിൽ മറ്റ് താതാത്മ്യങ്ങളെല്ലാം അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇതാണ് ഞാൻ അനോട് വിശദീകരിക്കാൻ ശ്രമിക്കും അതിൽ വീണ്ടും സംശയത്തെയും അജ്ഞാനത്തെയും നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ഇതിനവസാനം മറിച്ച സദാത്മീകത്വ ബോധത്തിൽ അജ്ഞാന സംശയങ്ങൾ നിരാകരിയാണ് നിരാകരിക്കപ്പെടുകയാണ് ില്ലാതായി തീരുകയാണ് ആ വിഷയത്തിൽ അവൻ അവിടെ നിശ്ചിന്തനായി തീരുകയാണ് അതുകൊണ്ട് സുഹൃത്തിയിൽ പോയാൽ സുഹൃത്തിയിൽ അതറിയണം അങ്ങനെ ഒരു നിയമമില്ല അറിയേണ്ട ആവശ്യമില്ല ജാഗ്രത്തിൽ അറിഞ്ഞാൽ മതി അവനാണ് സമുദ്ര നിഷ്ഠാന്തം പറയുന്നത് സമുദ്രേവഭവതി അത് സമുദ്രം തന്നെയായിരിക്കുന്നു താ നദ്യാ തമുദ്ര സമുദ്രാത്മനായ ഗതാഗത ആ നദികളെല്ലാം സമുദ്ര രൂപത്തിലേകീഭൂതമായി ന വിധുനജാനാദി അതൊന്നും അറിയുന്നില്ല ഇയ ഗംഗാഹമസ്മിജ്ഞാനതാ ഈ ഗംഗയാണ് ഇയം യമുനഹം അസ്മിജ്ഞാനത യമുനയാണ് എന്നൊന്നും അറിയാൻ കഴിയുന്നില്ല അറിയേണ്ട ആവശ്യവുമില്ല അതുകൊണ്ടാണ് മാണ്ഡവ്യത്തെ പറഞ്ഞത് സുഹൃത്തിയിൽ അഗ്രഹണം വിശേഷം ഗ്രഹണം വിശേഷം ജാഗ്രത ആത്മബോധത്തിന്റെ ആവശ്യം എന്തുകൊണ്ടുവന്നു കാരണം ജാഗ്രതയിൽ അനാത്മബോധം സഹജമായതുകൊണ്ട് സുഹൃത്തിയിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു ആത്മബോധത്തിന്റെ ആവശ്യമില്ല കാരണം അവിടെ അനാത്മബോധമില്ല രോഗമുള്ളടത്തെ വൈദ്യന്റെ ആവശ്യമുള്ളു അല്ലാത്തടത്തെന്തിനാ അതുകൊണ്ടതിനെ വീണ്ടും വ്യക്തമാക്കുകയാണ് അങ്ങനെ ഒരു ജ്ഞാനത്തിന്റെ ആവശ്യം ഇല്ല അതുകൊണ്ട് നമ്മൾ ഇത് പറയുമ്പോൾ സാധാരണ എല്ലാവരും പറയും അങ്ങനെയാണെങ്കിൽ ശരി സുഹൃത്തി ഏകത്വത്തെ പ്രാപിച്ചെന്ന് പറഞ്ഞു അപ്പൊ ഉറങ്ങിയിട്ട് വരുന്നവരെല്ലാം ജ്ഞാനികളാകണ്ടേ എന്നൊക്കെയുള്ള ഭാരിസ്യമായ ചോദ്യങ്ങൾക്കെല്ലാം ഇവിടെ सौम्य नद्य प्राच्य स्यन्दे पश्चात्तीच्य एव अपियद्रोति യഥി ഇയമഹമസ്മീയഹമസ്മീതി എമേവ ഖലു സോമ്യ ഇമാർ പ്രജ സഗമ്യദു സഗതിഹ വ്യഘ്രോ സിംഹോ വൃക്കോ വ ഹോവാ കീടോ പതംഗോ ദംശോ മസകോ വീ തീ